ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലു വൈശ്വാനർ പ്രഥമ പദ കഥം ചതുഹ ആത്മാ നാല് പാദങ്ങളോടുകൂടിയതാണ് അതെങ്ങനെയാണ് എങ്ങനെയല്ല എന്നെല്ലാം കഴിഞ്ഞ് ഭാഗത്തിൽ ചർച്ച ചെയ്തതാണ് ഇപ്പോ എങ്ങനെയത് നാല് പദങ്ങളോട് കൂടിയതായി തീരുന്നു എന്ന് വിശദീകരിച്ച് പറയും പദം ചതുഷ്പത്വം ഇവിടെ വൈശ്വാനുരനെ കുറിച്ച് പറയുക വിശ്വനായും വൈശ്വാനുരനായും ഇരിക്കുന്നത് ഏകനായ ആത്മാവാണ് അക്കാരിയോടെ പറയും ആത്മാവ് എപ്പോ ഏതവസ്ഥയിലാണ് അങ്ങനെയിരിക്കുന്നത് എന്ന് പറയുന്നത് ജാഗരിതം സ്ഥാനം അശ്വതി വൈശ്വാനെ വിശേഷിപ്പിക്കുകയാണ് സ്ഥാനമായിരിക്കുന്നവൻ ജാഗരിതം എന്ന് പറഞ്ഞാൽ ഉണർവ് സ്വപ്നത്തിനും ഉണർവുണ്ട് ആ ഉണർവല്ല സ്വപ്നത്തിൽ നിന്നും വേറിട്ടുള്ള ഉണർവ് അതാണ് ജാഗരിതം ആ ജാഗരിതം ഉണർവ് അത് സ്ഥാനമായിരിക്കുന്നവൻ സ്ഥാനമെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന സ്ഥാനമല്ല ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അഭിമാനം ആ ഉണർവ് അഭിമാനത്തോടുകൂടിയിരിക്കുന്നവൻ സ്ഥാനം അസ്യ എന്താണ് അഹംബോധം ആ ഉണർവിൽ അഹംബോധത്തോടുകൂടിയിരിക്കുന്നവൻ അതാണ് ജാഗരിതസ്ഥാന ഉണർവെന്ന് പറയുന്നത് എന്താണ് അടുത്ത് ഭാഷകാരം പറയും മുമ്പോട്ട് വരുന്നു ഉണർവെന്ന് പറയുന്നത് മനസ്സന്ധം മനസ്സിന്റെ സ്ഥന്തനമാണോ ഉള്ളത് മനസ്സിന്റെ അസ്തന്ദത അതാണ് ഉറക്കം സുഷുതി മനസ്സ് സ്പന്ദ രൂപത്തിനിരിക്കുമ്പോൾ അതിന് ജാഗ്രത എന്ന് പറയും സ്വപ്നത്തിനുമുണ്ട് മനസ്സിന് സ്പന്ദത പക്ഷെ അതിന് വ്യത്യാസം എന്താണ് വ്യത്യാസം അതാണ് അടുത്ത് പറയുന്നത് ബഹിഷ്പ്രജ്ഞ അവിടെ ബഹിപ്രജ്ഞനായിരിക്കുന്നു അത് വിശദീകരിക്കുന്നു സ്വാത്നം വ്യതിരിക്തെ വിഷയേ പ്രജ്ഞ എസ് ബഹിഷ്പ്രജ്ഞ സ്വാത്നം വ്യതിരിക്തമായ വിഷയത്തിൽ അവന് പ്രജ്ഞയുണ്ട് ആത്മബോധമില്ല എന്ന് ചെറുക്കം പ്രപഞ്ചബോധമുണ്ട് അതാണ് ബഹിഷ്പ്രജ്ഞ ബഹിർവിഷയ പ്രജ്ഞ വിദ്യോഭാസതേ ബഹിർവിഷയേ ഇവ എന്ന് പ്രത്യേകം പറയുന്നു ബഹിർവിഷയേവ ബഹിർവിഷയ ഇവ പുറത്ത് വിഷയങ്ങൾ ഉള്ളതുപോലെ എന്ന് പറയുന്നെന്ന് മനസ്സിലാക്കാം ആ ബാഹ്യമായി വിഷയങ്ങൾ ഇല്ല ബാഹ്യം അല്ലെങ്കിൽ പുറം ഉള്ളത് എന്നല്ല ഉള്ളത് ആ മനസ്സിന്റെ തന്നെ സ്ഥന്തമാണ് അതുകൊണ്ട് ബാഹ്യമായ വിഷയങ്ങളെപ്പോലെ തോന്നും മനസ്സ് തന്നെ സ്പന്ദിച്ച് ഉള്ളും പുറവുമായി നിന്നിട്ട് പുറമെ വിഷയങ്ങളെ ആ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നു അതാണ് ബഹിർവിഷയ വിവാഹം പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണ് ബാഹ്യമായ വിഷയങ്ങൾ നിലനിൽക്കുന്നു വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിൽ അത് സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്നാണ് സാധാരണ പറയും എന്താണ് നമ്മുടെ സങ്കല്പമാണ് പ്രപഞ്ചമെന്ന് പറയും സങ്കല്പ സങ്കല്പമാണ് പ്രപഞ്ചമൊന്ന് ശാസ്ത്രജ്ഞനും പറയും സങ്കല്പു പറയുമ്പോൾ അവിടെ നമ്മൾ ധരിക്കുന്ന ഒരർത്ഥമല്ല ുന്നത് നമുക്ക് ധാരാളം സങ്കല്പങ്ങളുണ്ട് നിരന്തരം നമ്മൾ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള നമ്മളുടെ ജീവൻ അജീവന്റെ സങ്കല്പമാണ് പ്രപഞ്ചം എന്ന് ധരിച്ചാൽ അത് തെറ്റാണ് അത് അബദ്ധമാണ് സങ്കല്പമെന്നുള്ള ശബ്ദം പല ഭാഗങ്ങളുപയോഗിക്കുമെങ്കിലും അതിന് സങ്കല്പമാണ് പ്രപഞ്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രസംഗങ്ങളാണ് ആൾക്കാരിൽ അദ്വീതത്തെ സംബന്ധിച്ചും മറ്റും അവജ്ഞയുണ്ടാക്കുന്നത് സങ്കല്പമാണ് പ്രപഞ്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമുക്ക് പരിചയമുള്ള ഈ സങ്കല്പം അതിനും വലിയൊരു മൂഢതയില്ല എന്റെ സങ്കല്പനുസരിച്ച് എന്റെ പ്രപഞ്ചം നില്ക്കുന്നെന്ന് പറയുമ്പോ അത് വലിയൊരു യുക്തിഭംഗമാണ് അനുഭവ വൈരുദ്ധ്യമുണ്ട് അതിനകത്ത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്റെ മുമ്പിൽ ഒരു പ്രശ്നമായിരിക്കുന്നു ഞാൻ പറയുകയാണ് ഇതെന്റെ സങ്കല്പമാണ് സ്വാമി പറഞ്ഞ ശിഷ്യന്മാർ കൈയടിച്ച് പാസാക്കിയിട്ട് പക്ഷെ അത് ശരിയാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാല് എന്റെ സങ്കല്പമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രസംഗം എന്ന് പറഞ്ഞു ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്ന് പ്രസംഗിച്ചുകഴിഞ്ഞാൽ അത് ശരിയാവും അത് ശരിയാണെങ്കിൽ ഞാനിതിന്റെ അടുത്ത് സങ്കല്പിച്ചാൽ വേറൊരു പ്രസവം കൂടി ഉണ്ടാവും എന്നാലേ അത് ശരിയാകത്തുള്ളൂ പെയ്യുന്ന പുസ്തകം പോലെ തന്നെ ഞാൻ ഒന്നുകൂടി സങ്കല്പിക്കുക അടുത്തൊരു പ്രസവം വരട്ടെ വേറെ പ്രസവം വരുന്നുണ്ടാവും ല്ല ഒന്നും വരുന്നില്ല അപ്പൊ സങ്കല്പമാണ് പുസ്തകമെന്ന് പറഞ്ഞാൽ അത് അബദ്ധമല്ലേ ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ സങ്കല്പമാണ് ഈ പുസ്തകം അങ്ങനെ എനിക്ക് സങ്കല്പിച്ച് പുസ്തകം ഉണ്ടാക്കാൻ ഉള്ള കഴിവുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എത്ര എളുപ്പമായി ദോഷവും വരും ഞാൻ സങ്കല്പിക്കാൻ കൂടെ ഒരു പുസ്തകം ഉണ്ടാകട്ടെ വേറൊരുത്തും സംഭവി സങ്കല്പിക്കുന്നു ഉണ്ടാകരുതെന്ന് രണ്ടും കൂടെ ജാമാകും കമ്പ്യൂട്ടർ ജാമാകുമ്പോഴായി ഒന്നും നടക്കത്തില്ല പിന്നെങ്ങനെ സങ്കല്പിച്ചതൊക്കെ ഉണ്ടാക്കുന്നു ജീവന് സങ്കല്പിച്ച് പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം പ്രധാനമായ കാരണം എന്താണോ കാരണം ജീവൻ എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന ജീവന എങ്ങനെ സങ്കല്പിച്ച് പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ നമ്മൾക്ക് പരിചയമുള്ള നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചം ഇപ്പൊ സങ്കല്പം എന്ന് പറയുന്നതിന്റെ താല്പര്യം അതല്ല അങ്ങനെയായിരുന്നെങ്കിൽ കുലാലൻ ഘട്ടത്തെ സൃഷ്ടിക്കുമ്പോൾ സങ്കല്പിച്ചാൽ മതി മണ്ണ് കൊണ്ടുവരണ്ട അധ്വാനിക്കണ്ട വേർ കണ്ട കാര്യമില്ല സങ്കല്പിച്ച കുടമായി ഭക്ഷണം സങ്കല്പിച്ചാൽ മതി വയറുന്നറി എല്ലാ കാര്യങ്ങളും എത്ര എളുപ്പമായി ആ ഈശ്വരന്റെ സങ്കല്പം എന്ന് നമുക്ക് പറയാം കാരണം നമുക്ക് ഈശ്വരന്റെ സർവജ്ഞതയെ കുറിച്ചോ സർവശക്തിയെ കുറിച്ചോ ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് പ്രപഞ്ചകാരണനായ ഈശ്വരൻ സങ്കല്പിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ യുക്തിയൊന്നും പ്രവർത്തിക്കത്തില്ലെങ്കിലും അതിനൊരു വിശ്വാസം നമുക്ക് വയ്ക്കാം അങ്ങനെ ഒരാളായിരിക്കണം ഈശ്വരൻ എന്ന് നമുക്ക് ധരിക്കാം സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചമാകാമെന്നില്ല അല്ലാതെ അത്പജ്ഞനായിരിക്കുന്ന ജീവൻ സങ്കല്പിച്ചാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത് അതാണ് അദ്വൈതം വേദാന്തം എന്നൊക്കെ സ്വാമിമാരെഴുതാറും പ്രസംഗിക്കാറുമുണ്ട് അത് അബദ്ധമാണ് അസംഭവിക്കത്തിന് അതിന് പ്രധാന കാരണം ഇത് തന്നെ എന്താണോ ആ ജീവൻ പ്രപഞ്ചത്തിന്റെ ഭാഗമായിപ്പോ അതിന്റെ ഒരു അംശമായിപ്പോ അവൻ സങ്കല്പിച്ചിട്ടാണോ താൻ തന്നെ ഇതിന്റെ അംശമായി തീർന്നത് അല്ല നമ്മുടെ സങ്കല്പങ്ങളാണെങ്കിലോ പ്രദക്ഷിണം അനന്തമായി നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ സങ്കല്പങ്ങളെല്ലാം കേവലം സങ്കല്പം എന്നുള്ളതിൽ കവിഞ്ഞ് ആ സങ്കല്പങ്ങളെല്ലാം വസ്തു യാഥാർത്ഥ്യങ്ങളായി സംഭവിക്കുന്നുണ്ടവിടെ ഒന്ന് സംഭവിക്കുന്നുണ്ട് വേശിയും കസേരിയും നമ്മൾ സങ്കല്പിച്ചാണ് കൃഷിക്കുന്നത് ഒന്നുമല്ല എന്നാലും നമ്മൾ ഏട്ടു പറയാറുണ്ട് എന്താണ് ഇതൊക്കെ സങ്കല്പമാണ് ഇതിനം ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ മൂഢതയാണ് എന്നാലും ഇവിടെ പറയുന്നുണ്ട് സങ്കല്പം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് മലയാളത്തിലെ സങ്കല്പുണ്ട് സംസ്കൃതത്തിലെ സങ്കല്പമാണ് ഇത് മലയാളമാണെന്ന് ധരിച്ചിട്ടാണ് നമ്മൾ ഇത് ഏറ്റുപറയുന്നത് സങ്കല്പമാണ് ഇത് ഇവിടെ ഭാഷകാരൻ പറയുന്നതാണത് മനസ്സ്പന്ദമാണ് മനസ്സ്പന്തം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ മലയാളത്തിന് സങ്കല്പമാണ് മനസ് എന്ന് പറയുന്ന വസ്തു സ്പന്ദിച്ച് നാനാരൂപങ്ങളായി നിൽക്കുന്നു അത് നമ്മൾ സങ്കല്പല്ല സങ്കല്പങ്ങളെന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ഇച്ഛ നമ്മുടെ കാമനകൾ ഒക്കെ അനുസരിച്ച് വരുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നു സങ്കല്പിക്കുന്നു ഒരാൾ ധാരാളം ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നു ധനത്തെ ആൾ സങ്കല്പിക്കുന്നു ധനം പക്ഷെ ഉണ്ടാകുന്നു ധനമുണ്ടാകുന്നെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി അവിടെ ആവശ്യമോ അതാണ് സങ്കല്പം എന്ന് പറയുന്നത് മന സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛ നമ്മുടെ കാമങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നല്ല അത് മനസ്സിന്റെ തന്നെ മനസ്സിൽ സ്വയം സംഭവിക്കുന്ന കാര്യമാണ് അതിനാണ് ജാഗ്രത എന്ന് പറയുന്നത് ജാഗ്രത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉണർവ് എന്ന് പറയുന്ന ജീവന്റെ അത് എങ്ങനെ സംഭവിക്കുന്നു നമുക്കറിയത്തില്ല നമ്മുടെ സങ്കല്പങ്ങളെ നമുക്ക് പരിചയമുള്ളതാണോ നമ്മൾ കാമിക്കുന്നു സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ ദേഷിക്കുന്നു സങ്കല്പിക്കുന്നു മനസ്സ്പന്ദനം അങ്ങനെയാണ് ഇതെവിടെ തുടങ്ങുന്നു എന്ന് നമുക്കറിയില്ല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല പക്ഷെ ആ സ്ഥനം നടക്കുന്നു സ്വേച്ചയ സംഭവിക്കുന്ന ണർവ് എന്ന് പറയുന്നത് ആരും ഇച്ഛിച്ചിട്ടുണരുന്നാൽ എന്തുകൊണ്ട് ഉണർവിലാണ് ഇച്ഛ നിൽക്കുന്നത് അതിന് ഉദാഹരണം സുഷുതി തന്നെ സുഷുപ്തിയിലും ഇച്ഛിക്കാറില്ല ചെല്ലു പറയാറില്ല ഞാൻ നാലുമണിക്ക് എണീക്കണമെന്ന് ആഗ്രഹിച്ചു നാലുമണിക്ക് തന്നെ എണീറ്റു താൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് നാലുമണിക്ക് എണീറ്റതെന്നാണ് പറയുന്നത് താൻ എപ്പോഴും ആഗ്രഹിച്ചത് സുഷു ആഗ്രഹിച്ചത് സുഷുനൊന്നും ആഗ്രഹിച്ചില്ല സുഷുപ്തിയിൽ നിന്നും ഉണർവിലേക്ക് വന്നതിന് ശേഷമാണത് എനിക്ക് ആഗ്രഹമുണ്ടായത് അതിനു മുമ്പ് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഉറങ്ങിയില്ല അപ്പോൾ ആ ഉണർവിലേക്ക് വരുന്നതിന് ശേഷമാണ് എല്ലാ സങ്കല്പങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഇച്ഛയും എല്ലാം വരുന്നതിന് ശേഷമാണ് അപ്പോൾ ഉണർവ് ഇച്ഛക്കനുസരിച്ച് സംഭവിക്കുന്നതായിരുന്നു ആ ഒരു ഉണർവിലിരുന്നു കൊണ്ടൊരാൾക്ക് ഭൂതഭാവിയെ കുറിച്ചൊക്കെ ഇച്ഛിക്കാം വരുന്ന ഉണർവുകളെ കുറിച്ചൊക്കെ സങ്കല്പിക്കാം പക്ഷേ സുഷുപ്തിയിൽ നിന്നും ഉണർവിലേക്ക് എങ്ങനെ വരുന്നു നമുക്കറിയത്തില്ല തേർച്ചയാണ് വരുന്നാലും ഉണർന്നതിനു ശേഷമേ എല്ലാം വരുന്നു ഉണർവിലാദ്യം ബോധസ്ഫരിക്കുന്നു പിന്നീട് ഇച്ഛ ക്രിയ തുടങ്ങി ജീവസംബന്ധിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു അതിനാധാരമായിരിക്കുന്ന എന്താണോ കേവലം അതിനാണ് പറയുന്നത് മനസ്സ്പന്ദനം അതില്ലാതിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നു മനസ്സിന്റെ അസ്പന്ദ മനസ്സ്പീ വാക്കുകൾ ഭാഷ്യകാലം തന്നെ ഉപയോഗിക്കും ഇവിടെ ജാഗ്രതനെ കുറിച്ച് പറയുന്നുണ്ട് അത് പറയും ആ മനസ്സിന്റെ സ്പന്തത ജീവന്റെ നിയന്ത്രണത്തിനാണ് ഇവിടെ വൈശ്വാനെ കുറിച്ച് പറയും ജീവൻ തുച്ഛമായ പരിമിതമായ ഈ ശരീരത്തെ ആശ്രയിച്ച് ജീവന്റെ ഉള്ളിലിരിക്കുന്ന ഈ മനസ്സ് സ്പന്ദിക്കും ജീവനിൽ ഉണർവ് സംഭവിക്കും ജീവൻ ഉണരുന്നു എന്ന് പറയുന്നതല്ല ജീവനിൽ ഉണർവ് എന്ന് പറയുന്നൊന്ന് സംഭവിക്കുന്നു അതിന് യാതൊരു സ്വാതന്ത്ര്യമുണ്ടാകും അത് സംഭവിക്കുന്നു അതിലവന് സ്വാതന്ത്ര്യമുണ്ട് എന്തുകൊണ്ട് അവൻ പരിഛന്നനാണ് അൽപജ്ഞനാണ് പരിമിതമായി ശരീരത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവനാണ് അതേസമയം വൈശ്വാനൻ അങ്ങനെ ഈ സമസ്ത പിണ്ഡങ്ങളിലും ഉണർന്നിരിക്കുന്നവനാണ് അതിനു സമഷ്ടി എന്ന് പറയുന്നു വൃഷ്ടി സമഷ്ടി എന്ന് പറയുന്നത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് ശരീരത്തെ എടുത്തുകൊണ്ടാണ് ചൈതന്യത്തെ എടുത്തുകൊണ്ടല്ല ഉദാഹരണമായി പറയും ഒരു വൃക്ഷം എന്ന് പറയുന്നത് വൃഷ്ടി അനേക വൃക്ഷങ്ങൾ കൂടി ചേരുന്ന വനം അത് സമഷ്ടി അത് ശരീരത്തെ ആശ്രയിച്ച് പറയുന്നതാണ് വിശ്വൻ ആയി ഈ ശരീരത്തിൽ ഉണർന്നിരിക്കുന്നവനല്ല വൈശുവാനടിനായി സർവ്വ ശരീരങ്ങളിൽ ഉണർന്നിരിക്കുന്നവൻ എന്നുണ്ട് അതിന്റെ അർത്ഥം കുറേയധികം പൂജ്യം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് ഒന്നാകത്തില്ല വിശ്വന്റെ സമഷ്ടിയല്ല വൈശുവാന അതേസമയം വിശ്വപ്രജ്ഞ അതിനെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഒരു പ്രജ്ഞ അതാണ് വൈശ്വാന ശരീരം എന്ന് പറയുന്ന ഏകമായ ഈ പിഡം ഇതുപോലെ ഈ പ്രപഞ്ചം ആകെ ചേർന്ന സമസ്ത പിണ്ഡങ്ങളെ നിൽക്കുന്ന ഒരു പ്രജ്ഞ അതാണ് വൈശ്വാനം അതിന് വൃഷ്ടി സമഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു ശരീരത്തെ വൃഷ്ടി എന്നും സമസ്ത ശരീരങ്ങളെയും സമഷ്ടിയെന്നും പറയും ഈ ഒരു തുച്ഛമായ ശരീരത്തിൽ സ്പന്ദിക്കുന്ന ഈ പ്രജ്ഞ അതിന് ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കാനേ കഴിയും ഈ സമസ്ത പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കാനു ശേഷിക്കും ഈ സമസ്ത ശരീരങ്ങളെയും ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രജ്ഞയുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം ഈ പിഡത്തിൽ ഇരിക്കുന്ന ഈ പ്രജ്ഞ ഇത് അജ്ഞതയുണ്ട് ഇവിടെ ഈ ഉണർവ് അത്പജ്ഞനാണ് ജീവൻ എന്ന് വിളിക്കുന്നു വിശ്വനെന്ന് വിളിക്കുന്നു അതേസമയം ഈ സമഷ്ടിപിഡങ്ങളെയും ഇന്നും ഉണ്ടാർന്നിരിക്കുന്ന പ്രജ്ഞ അത് സർവജ്ഞനാണ് അവിടെ അജ്ഞത ജീവന്റേതുപോലെയുള്ള തുച്ഛമായ അഹംബോധം അവിടെ ഇല്ല അത് സങ്കല്പാതീതമാണ് അത് ഈ ജീവപ്രജ്ഞകളെയെല്ലാം നിയന്ത്രിക്കുകയും കർമ്മം ചെയ്യിക്കുകയും അവയ്ക്ക് ഫലം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നതാണ് അതാണ് വൈശ്വാനൻ വിശ്വനും വൈശ്വാനനും തമ്മിൽ ഉള്ള സാമ്യം എന്താണ് പ്രജ്ഞയിൽ ഭേദമില്ല പ്രജ്ഞ ഒന്ന് തന്നെ പിണ്ടത്തിൽ ഭേദമുണ്ട് ഒന്ന് ഏകമായിരിക്കുന്നു മറ്റൊന്ന് സമസ്തമായിരിക്കുന്നു ഒന്നിൽ പരിമിതികളുണ്ട് മറ്റൊന്ന് അപരിമിതമായിരിക്കുന്നു ഒന്ന് പരിച്ഛിന്നമായിരിക്കുന്നു മറ്റൊന്ന് അപരിച്ഛിന്നമായിരിക്കുന്നു ഇതാണ് വീഴിൽ വരുന്ന വ്യത്യാസം ഇത് രണ്ടും എന്താണോ പ്രജ്ഞയാണ് ഉണർവാണ് ഈ വിശ്വഭാവത്തിൽ ഈ പിണ്ടത്തിലിരിക്കുന്ന ഈ ജീവന്റെ മനഃസ്പന്ദനങ്ങൾ അത് നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അവന്റെ കൽപ്പനകൾ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് അത് സാർത്ഥമായും വെളുത്തമായും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് അവൻ അജ്ഞനായതുകൊണ്ട് അവന്റെ സങ്കല്പങ്ങളെല്ലാം സാർത്ഥമാകത്തില്ല അവൻ സങ്കല്പിക്കുന്നതെല്ലാം സത്യമായി തീരത്തില്ല അത് അൽപജ്ഞത അതാണ് വൈശ്വാനരനും വിശ്വനും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം വൈശ്വാനരനാണെങ്കിലോ പൂർണനായിരിക്കുന്നു സത്യസങ്കല്പനായിരിക്കുന്നു ആ വൈശ്വാനരന്റെ സത്യസങ്കല്പമാണ് ഈ സ്ഥൂലസൃഷ്ടി ജീവന്റെ വ്യർത്ഥ സങ്കല്പ അതുകൊണ്ട് ജീവൻ സങ്കല്പിക്കുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് അസംബന്ധമാണ് ഈശ്വരന്റെ സൃഷ്ടി ഈശ്വരന്റെ സർവജ്ഞതയിൽ ഉണങ്ങുന്നതാണ് ആ സൃഷ്ടിയെ അല്പജ്ഞനായ ജീവന് ഗ്രഹിക്കാൻ കഴിയില്ല അത് ഈ അല്പജ്ഞനായ ജീവൻ ഗ്രഹിക്കുമ്പോൾ അതിനെപ്പറയാം അത് അവന്റെ സൃഷ്ടിയാണ് ഈശ്വരന്റെ സൃഷ്ടിയാണ് നമ്മൾ ഗ്രഹിക്കുന്ന എന്നുള്ളതിനെന്താ കാരണം സർവജ്ഞനായിരിക്കുന്ന ഈശ്വരന്റെ സൃഷ്ടിയെ അല്പജ്ഞന്റെ അല്പജ്ഞത കൊണ്ടെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ വലിയൊരു കണക്കിട്ട് കൊടുത്താൽ ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെയാ കണക്ക് മനസ്സിലാക്കാൻ പറ്റും ചെയ്യാൻ പറ്റും പഠിക്കുന്ന ഒരു കുട്ടി അത് കഴിയത്തില്ലല്ലോ അവിടെ എന്താണ് ആ ബുദ്ധിയുടെ വ്യത്യാസം അറിവിന്റെ വ്യത്യാസം സർവജ്ഞനായിരിക്കുന്ന ഈശ്വര സൃഷ്ടിയെ അതേ രീതിയിൽ നമുക്ക് ഗ്രഹിക്കാനോ ജീവൻ ഒന്നും കഴിയത്തില്ല പിന്നെ അവൻ എങ്ങനെ ഗ്രഹിക്കുന്നു അവന്റെ മനസ്സ്പന്ദനമനുസരിച്ച് അവൻ ഗ്രഹിക്കുന്നു ജീവന്റെ മനസ്സ്പന്ദനമനുസരിച്ച് ഗ്രഹിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് എന്താണിത് ജീവസൃഷ്ടിയാണെന്ന് പറയുന്നത് അവൻ അനുഭവപ്പെടുന്നത് അവന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് കൊണ്ടാണ് അവന്റെ മനസ്സ്പന്ദനമാണ് അത് ഇവിടെ പറയും എന്താണോ ഈ വൈശ്വാനരൻ സർവത്തെയും നിയന്ത്രിക്കുന്നു ഈശ്വര ഇച്ഛയ്ക്ക് അധീനമായി ഈശ്വര സങ്കല്പത്തിന് അധീനമായി വൈശ്വാനരൻ ജീവൻ ഇച്ഛിക്കുന്നു സങ്കൽപ്പിക്കുന്നു അങ്ങനെ ജീവന്റെ പ്രപഞ്ചം വേറിട്ട് നിൽക്കുന്നു ഓരോ ജീവനും അവന്റേതായ പ്രപഞ്ചമായി നിൽക്കുന്നു അത് അവന്റെ അജ്ഞതയുടെ ഫലമാണ് ഇതിനാണ് ഇവിടെ പറയുന്നത് ജാഗ്രത് എന്ന് പറയുന്നത് ഇതാണ് ജാഗ്രത അഭിമാനം എന്ന് പറയുന്നത് ജാഗ്രത്തിലെ ജീവന്റെ അഹം അഹംഭാവം അഹംബോധം കൊണ്ട് താൻ ഇവിടെ സൃഷ്ടിച്ചു കളയുന്നു എന്നർത്ഥമില്ല ഒന്ന് പറയാം എന്താണോ ഈശ്വര സൃഷ്ടിയല്ല തന്റെ ലോകം താൻ സൃഷ്ടിച്ചിരിക്കുന്നു അത് തന്റെ മനസ്സിന്റെ സ്പന്തമാണ് ഓരോ ജീവന്റെയും മനസ്സിന്റെ സ്പന്തമാണ് അവൻ അനുഭവപ്പെടുന്നത് ആ ഉണർവാണ് അതിനെന്താ തെളിവ് മനസ്സിന്റെ ആ സ്പന്ത ഇല്ലാത്ത സമയത്ത് അവന് പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട് ആ നിൽക്കുന്നു എന്നുള്ളതിന് അവന് പ്രമാണമൊന്നുമില്ല ആ പ്രപഞ്ചത്തെ അസ്തിത്വത്തെയോ പ്രപഞ്ചത്തിന്റെ നാസ്ത്യതയോ സമർത്ഥിക്കാനോ നിഷേധിക്കാനോ അവന്റെ കയ്യിലൊന്നുമില്ല സുഷുത്യെ സംബന്ധിച്ചിടത്തോളം ശുദ്ധശൂന്യം എന്നേ അവന് പറയാൻ കഴിയുന്നുള്ളൂ എന്തുകൊണ്ട് അവിടെ മനസ്പന്ദം ഇല്ല ഇത് രണ്ടും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജാഗ്രത എന്ന് ഇത് കേവലം ജീവന്റെ അഭിമാനം മാത്രമാണ് ആ ബോധത്തിന്റെ അഭിമാനം മാത്രമാണ് ആ ബോധ അഭിമാനം നഷ്ടപ്പെടുമ്പോൾ അവനെ സംബന്ധിച്ച് പ്രപഞ്ചവുമില്ല പിന്നെ അതിന് ശുദ്ധശൂന്യം എന്നല്ലാതെ മറ്റൊന്നു അവന് കല്പിക്കാൻ വയ്യ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആ ബോധത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ആനന്ദഭു എന്നെല്ലാം പറയും പ്രപഞ്ചത്തെ സംബന്ധിച്ചവിടെ ശൂന്യത ശൂന്യത എന്ന് വെച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ ഉണർന്നിരിക്കുമ്പോഴോ അവൻ ബഹിഷ്പ്രജ്ഞനായിരിക്കുന്നു അവന്റെ തന്നെ ചിത്തസ്പന്ദം കൊണ്ട് അകവും പുറവും സൃഷ്ടിച്ചിട്ടുണ്ട് അതാ ചിത്തമാണ് സങ്കല്പിക്കുന്നത് എന്നിട്ട് വസ്തുക്കളെ പുറമേ കാണും അത് ചിത്തസ്പന്ദങ്ങളാണ് ചിത്തത്തിന്റെ സ്പന്ദനങ്ങളാണ് പുറമേ കാണുന്നു അപ്പോ ചോദിക്കും ഘനം ദീർഘം തുടങ്ങിയ മാനങ്ങളോടുകൂടിയിരിക്കുന്ന ബാഹ്യവസ്തു ഈ ബാഹ്യവസ്തുക്കളുടെ എങ്ങനെ ചിത്രത്തിന്റെ സ്പന്ദമാവും അതാണ് മുമ്പ് പറഞ്ഞത് അത് സങ്കല്പമാണെന്ന് ധരിച്ചട അതാകത്തുന്നു നമ്മുടെ സങ്കല്പം കൊണ്ട് മാനങ്ങളുള്ള വസ്തുക്കളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല സങ്കല്പത്തിന് സാധ്യമാണ് പറ എനിക്ക് സങ്കല്പിച്ച് മറ്റൊരു പുസ്തകത്തെക്കൂടെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല പിതാവിന് സങ്കല്പം കൊണ്ടൊരു പുത്രനെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല കുലാലിന് സങ്കല്പം കൊണ്ടൊരു ഘടത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല പക്ഷെ ചിത്രസ്പന്ദം എന്ന് പറയുമ്പോൾ അതവിടെ സംഭവിക്കുന്നു ആ ചിത്രത്തിന്റെ സ്വഭാവമാണ് ഈ വിമാന വസ്തുക്കളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു അസ്പന്ദമാകുമ്പോൾ അത് ആ സൃഷ്ടി നിലയ്ക്കുകയും ചെയ്യും അസ്പന്ദത്തിന് സൃഷ്ടിയില്ല എന്നുള്ളതാണ് എന്റെ യുക്തി അവിടെ ബാഹ്യം എന്നതുപോലെ ഇതിനെ കാണും ബാഹ്യം എന്നതുപോലെന്തു കൊണ്ട് പറഞ്ഞു സ്വപ്നത്തിൽ തന്നെ ആന്തരികമായി തന്നെ അനുഭവപ്പെടും സ്വപ്നത്തിൽ ഭാഗ്യമിന്റെ എന്ത് ചെയ്യും സ്വപ്നം കാണുന്നവന് ഭാഗ്യമുണ്ട് പക്ഷെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് സ്വപ്നത്തിലല്ല ജാഗ്രതയിലാണ് അത് നമ്മുടെ ഒരു വ്യതികേടാണ് നമുക്ക് സ്വപ്നത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോ സ്വപ്നത്തിൽ നടന്നിരിക്കും തൽസ്ഥാനം അവിടെയല്ല ജാഗ്രതയിൽ ജാഗ്രത്തിലിരുന്നുകൊണ്ട് സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ അനുഭവപ്പെടുന്നത് സ്വപ്ന സർവവും ആന്തരമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വപ്നം ആന്തരികമായിരുന്നു സ്വപ്നം ബാഹ്യമായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല സ്വപ്നത്തിലെ സ്വപ്നാനുഭവം ബാഹ്യവും ആന്തരികവുമായിരുന്നെങ്കിലും ജാഗ്രതത്തിലുള്ള സ്വപ്നസ്മരണ നമുക്ക് സ്വപ്നത്തെക്കുറിച്ച് ആന്തരിക്കുമെന്നുള്ള ബോധമാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ജാഗ്രതനെ കുറിച്ച് സ്മരിച്ചാലോ ഉണ്ടാകുന്നു നമ്മൾ പുറമേ വസ്തുക്കളെ കാണുന്ന ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആത്യന്തികമായി വ്യത്യാസമൊന്നുമില്ല എന്നാലും ഉള്ള് പുറമെന്നുള്ള ഈ ഭേദം ജാഗ്രത വ്യക്തമായിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ജാഗ്രതയിൽ വ്യക്തമാകുന്നത് കാരണം ജാഗ്രത സങ്കല്പങ്ങളുള്ളതുകൊണ്ടാണ് ജാഗ്രത സങ്കല്പവും വസ്തു യാഥാർത്ഥ്യവും വേറെ വേറെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെണ്ണടച്ചിട്ട് പുറമേ ഒന്നും കാണാതെ സങ്കല്പിച്ചാൽ അവിടെ നോക്കുകയാതാണ് എല്ലാം എന്റെ ഉള്ളിലാണ് ഞാൻ കാണുന്നത് ഈ പുറമേ കാണുന്നതെല്ലാം നമ്മൾ നമുക്ക് ഉള്ളിലും കാണാൻ കഴിയും സങ്കല്പം ഇതിന് സമാനമാണ് സ്വപ്നത്തിൽ നമ്മൾ കണ്ടത് കണ്ണടച്ച് വസ്തുക്കളെ മനസ്സുകൊണ്ട് കണ്ടതുപോലെ അവിടെ എല്ലാ ഉള്ളിൽ കണ്ടു എന്ന് പറയും പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ കണ്ണടച്ചും കാണാൻ നമുക്ക് കണ്ണ് തുറന്നും കാണാം ഇപ്പോ ബാഹ്യമായി എന്നതുപോലെ അതുകൊണ്ട് ഭാഷകാരനൂടെ പറഞ്ഞു വിഷയ ഇവ പുറമേ വിഷയങ്ങളുള്ളത് പോലെ ഇവിടെ കാണാം മുമ്പോട്ട് ഇരുന്നും പറയും എന്താണ് അത് വാസ്തുവത് സ്വപ്നം പോലെ എന്തുകൊണ്ട് സ്വപ്നത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ സങ്കല്പിച്ചാൽ എന്ത് മനസ്സിലാകും അവിടെയും പുറമേ വസ്തുക്കളുണ്ടായിരുന്നു ഉള്ളിൽ സങ്കല്പങ്ങളുണ്ടായിരുന്നു ആനയെ കാണുന്നു പിന്നെ ആനയെക്കുറിച്ച് ചിന്തിക്കുന്നു മുമ്പിൽ നിൽക്കുന്ന ആന അത് പുറമെയാണ് ആനയെ തന്റെ സങ്കല്പങ്ങൾ എന്റെ ഉള്ളിലാണ് നടന്നത് അവിടെയും ഈ ഉള്ളും പറവുമെല്ലാം അവിടെയുമുണ്ട് പക്ഷേ അത് നമ്മൾ ജാഗ്രതത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഉള്ളിലാക്കണം ഉണർന്നതിന് ശേഷം പറയുന്നു ഞാനവിടെ കണ്ടു പക്ഷേ അവിടെ പുറമേ ഉണ്ടായിരുന്നില്ല എല്ലാം മനസ്സിലായിരുന്നു എന്റെ മനസ്സിന്റെ തോന്നലായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാത്തിനേയും ഉള്ളിലാക്കണം ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഉള്ളിൽ സങ്കല്പിക്കുന്നു അത് കൂടാതെ വസ്തുക്കളെ കാണുകയും ചെയ്യുന്നു അതുകൊണ്ടിവിടെ ആ ഭാഷകാരനും പറഞ്ഞു ബഹർവിഷയ ഇവ ജാഗ്രത ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയും ആ ഉണർവൽ ഉള്ള അഹംബോധം അഹംബോധത്തിൽ മനസ്സ് സ്പന്ദിച്ച് ഉള്ളും പുറവുമായി നിൽക്കുന്നു പ്രജ്ഞ അതിന് കൊടുക്കുന്ന പേരാണ് പ്രജ്ഞ സ്പന്ദനം ഇത് അവിദ്യാകൃത ജീവനിൽ മാത്രമുള്ളതാണ് ജീവന്റെ അവിദ്യ സൃഷ്ടിക്കുന്നതാണ് അവഭാസത ഇത് പ്രതീതമാകുന്നു ഭ്രാന്തമാകുന്നു ഇത് ഒരു ജീവന്റെ ഉള്ളിലിരിക്കുന്ന അഹംസ്മരണത്തെ തുറന്ന് തുടർന്ന് അവൻ അനുഭവപ്പെടുന്ന ജാഗ്രത് പ്രപഞ്ചം അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഉണർന്നറിയുന്ന പ്രപഞ്ചം അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഇതിനെ സമർത്ഥിക്കുന്നതാണ് ഇതിനെ സമർത്ഥിക്കുന്നത് സമർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ജഗത് മിഥ്യാത്വം എന്ന് പറയും മനഃസ്പന്ദനമാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം ബോധ്യപ്പെട്ടു കഴിഞ്ഞു അതിനുവേണ്ടിയാണ് മറ്റ് പലതരത്തിലുള്ള യുക്തികൾ അദ്വിധത്തിന് ഉപയോഗിക്കുന്നത് ഇവിടെ ഇവിടെ പ്രത്യേകത എന്താണ് ഇവിടെ ബോധത്തെ അല്ലെങ്കിൽ പ്രജ്ഞയെ വിശകലനം ചെയ്തിട്ട് ആത്മനിഷ്ഠമായി ചിന്തിച്ചിട്ട് പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ ബോധിക്കും അങ്ങനെ ബോധിക്കാൻ കഴിയും ഒരാൾക്ക് ആ രീതിയിൽ ചിന്തിക്കുന്നതിനുള്ള ശേഷിയുണ്ടല്ലോ ഇന്ന് പറഞ്ഞല്ലോ ബുദ്ധിക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് മുഖ്യം അതിനെ കഴിഞ്ഞാണ് പിന്നെ അനുഭവത്തിന്റെ നില വരുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഈ ജാഗ്ര അനുഭവത്തെ ഈ രീതിയിൽ വിശദീകരിക്കുന്നത് അതിനെ വൈശ്വാന ഭാവത്തിൽ തന്നെ ഇതുതന്നെ നിൽക്കുന്നു വൈശ്വാനുടെ ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ജീവഭാവമല്ല വിശ്വിന്റെ ഭാവമല്ല ആത്യന്തികമായി പ്രജ്ഞ എന്നുള്ള നിലയ്ക്ക് രണ്ടു ഒന്നാണ് എന്നാൽ വിശ്വൻ വൈശ്വാനൻ എന്നുള്ള ശാസ്ത്രീയമായ ഭേദമനുസരിച്ചത് രണ്ടായിട്ട് നിൽക്കും രണ്ടാണെന്ന് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയല്ല ഇതിനെ രണ്ടായിട്ട് വിശദീകരിക്കുന്നത് ആത്യന്തികമായി ഒന്ന് തന്നെയെന്ന് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് വിശ്വനും വൈശ്വാനും ഒന്ന് തന്നെ അതെങ്ങനെ ഒന്നാകും അതടുത്ത് പറയും സപ്തഅങ്കി ഈ വിശ്വൻ വൈശ്വാനുടെ ഭാവത്തിൽ നിൽക്കുമ്പോൾ അവന് സപ്ത അംഗങ്ങളുണ്ടെന്ന് പറയും ഏഴ് അംഗങ്ങളുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ അവന്റെ ശരീരമായി നിൽക്കുന്നു എന്നേ അതിന് താൽപ്പര്യമാണ് അതിനുവേണ്ടി പറയുകയാണ് എങ്ങനെയാണോ ഈ ശരീരത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഈ ജീവന്റെ ഉള്ളിൽ അഹംസ്ഫുരണം ഉണ്ടായി അതാണ് എന്ന് പറയുന്നത് ജീവൻ കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്നുവെന്നല്ല സഹജമായി സംഭവിക്കുന്നതാണ് അഹംസ്ഫുരണം എന്ന് പറയുന്നത് സ്ഫുരണം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ് സ്വയം സംഭവിക്കുന്നത് എന്നാണ് ആരെങ്കിലും കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്ന നമ്മളിൽ ലഹമെന്നുള്ള ബോധത്തെ നമ്മൾ ഉണ്ടാക്കിയുള്ള ആ ബോധത്തെ ആശ്രയിച്ച് മറ്റ് പലതിനെയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റനേക സങ്കല്പങ്ങളെ ഉണ്ടാക്കി അതെവിടുന്ന് വന്നു സഹജമായി വന്നു അതിനെ ആശ്രയിച്ച് ആന്തരികമായ സങ്കൽപ്പങ്ങൾ അതിനെ ബാഹ്യമായി വരുന്ന അനേക ദൃശ്യങ്ങൾ ഇതെല്ലാം മനസ്സിന്റെ ഭാവങ്ങളാണ് സ്ഥങ്ങളാണ് ഇതുപോലെ ഈ സമഷ്ടി പ്രപഞ്ചത്തിലും ഭാവങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് അത് സത്യ സങ്കൽപ്പം സത്യഭാവം അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത് ശ്രുതിയിൽ തസ്യഭവ ഏതസ്യാത്മനോ വൈശ്വാനരസ്യ മൂർധ യസു തേജ ഇതി അവസാനിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ലോമാനിവഹരിഭജന ആസ്യം ഇങ്ങനെ ശ്രുതിയിൽ വർണ്ണിച്ചു പോകുന്നു ഭാഷയത്തിൽ കുറച്ച് ഭാഗമേ കൊടുത്തിട്ടുള്ളൂ സപ്താംഗങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ഭാഗം മാത്രം അതിൽ നിന്ന് നിന്ന് മനസ്സിലാക്കാം അങ്ങനെ സപ്താംഗങ്ങൾ ഏഴ് അവയവങ്ങളുള്ള ഒന്നാണ് വൈശ്വാനരാത്മാവ് എന്നെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു ശ്രീ തന്നെ ഒരുപാട് അംഗങ്ങളെക്കുറിച്ച് പറയും അനന്തമായ ഈ പ്രപഞ്ചം ആ വൈശ്വാനരാത്മാവിന്റെ അംഗങ്ങളാണ് അപ്പൊ അവിടെ സ്ഫുരിക്കുന്ന ബോധം എന്ന് പറയുന്നത് സർവാത്മഭാവം ആ സർവാത്മഭാവം ഈ ജീവന് വരുന്നുണ്ട് അത് പരിച്ഛിന്ന ഭാവേ ഉള്ളൂ അവൻ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുച്ഛമായ പരിമിതമായ ശരീരത്തിൽ ഒതുങ്ങിപ്പോകുന്നു അവനത് മറ്റൊരു ശരീരത്തെ കൂടി ഉറപ്പിക്കാൻ കഴിയുന്നു നീ എന്നുള്ളത് ഞാനെന്നുള്ളത് അവന് സങ്കല്പിക്കാൻ കഴിയുന്നില്ല ഞാനും നീയും വേറെ ഒക്കെ വേറിട്ട് കരുതാതിരിക്കും ഇതാണ് വിശ്വന്റെ പരിമിതി ഇവിടെ പറയുന്നത് അങ്ങനെയല്ല സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ബോധം അതെങ്ങനെ ഇരിക്കും അഹംഭാവമാണോ എന്നും നമുക്ക് സങ്കല്പിക്കാൻ എന്തായാലും ജീവന്റെ തുച്ഛമായ ഒരു അഹംഭാവമല്ല അവിടെയുള്ളത് പക്ഷെ ആ വൈശ്വാനയുടെ ഭാവത്തെ ജീവന് സങ്കല്പിക്കാം ധ്യാനിക്കാം ഉപാസിക്കാം അതിനുവേണ്ടി അശ്വപതി എന്ന് പറയുന്ന രാജാവ് ഉപഗോശലൻ തുടങ്ങിയ ഋഷിമാർക്ക് ഉപദേശിച്ചതായി ചാന്തോകൃത്തിൽ പറയുന്ന ഭാഗമാണിത് അവിടെ ഈ വൈശ്വാനര ഉപാസന എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നു ആ ശിഷ്യന്മാർക്ക് ഗുരു ഉപദേശിക്കുകയാണ് അവരെല്ലാ ഉപാസകന്മാരായി ഒരാൾ വൈശ്വാനരനെ ദുലോകമായി ഉപദേശിച്ചു ഉപാസിച്ചു മറ്റൊരാൾ ചക്ഷുസായി ഉപാസിച്ചു ഒരാൾ ശരീരം മദ്യമായി ഉപാസിച്ചു ഒരാൾ പാദമായി ഉപാസിച്ചു പറയുന്നു ഈ ഉപാസനകളൊന്നും ശരിയല്ല വൈശ്വാനനായി ഉപാസിക്കുമ്പോൾ അതിനെ സമഗ്രമായി തന്നെ ധ്യാനിക്കണം അതിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈശ്വര ചൈതന്യം എന്നുവേണം ഈശ്വരനെ അറിയേണ്ടത് വിഭാഗീയമായി വ്യക്തമായി ഉപാസന പാടില്ല അങ്ങനെ അവിടെ പറയും അങ്ങനെ നീ ഉപാസിക്കുകയാണെങ്കിൽ നിന്റെ ശിരസ് പോകും നിന്റെ കണ്ണു പോകും നിന്റെ കാല് പോകും നിന്റെ ശരീരം പോകും അങ്ങനെയെല്ലാം പറയുന്നുണ്ട് അപ്പോൾ സമഷ്ടി ഉപാസനം സമസ്ത ഉപാസന അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഈ ഭാഗത്തിൽ ഇവിടെ ഈ ഭാഗത്തെ എടുക്കുന്ന എന്തിനു വിശ്വനും വൈശ്വാനനും തമ്മിലുള്ള ആ വ്യത്യാസത്തെ വിശ്വനി കേവലമായ ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുമ്പോൾ വൈശ്വാനരൻ ഉൾക്കൊണ്ടുകൊണ്ട് സർവപ്രപഞ്ചത്തെയും നിയന്ത്രിച്ചുകൊണ്ട് സർവീശ്വരനായി നിലനിൽക്കുന്നു ഇവിടെ വരുമ്പോൾ അവൻ അൽപജ്ഞനായിപ്പോയി പരമാർത്ഥത്തിൽ ചൈതന്യം എന്നുള്ള നല്ല രണ്ടു ഒന്ന് തന്നെ അത്തരത്തിലുള്ള ഈശ്വരബോധത്തെ ഈ ജീവന്റെ ഉള്ളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഈശ്വരബോധം വേണം ഈശ്വരബോധമാണ് മോക്ഷത്തിന് സഹായിക്കുന്നതെന്നെല്ലാം പറയാറുണ്ട് ആ ഈശ്വരബോധം എങ്ങനെയായി ജീവന്റെ ഈ അൽപജ്ഞതയുമായി യാതൊരു സാമ്യവും ഇല്ലാത്ത ജീവന്റെ ഈ അൽപജ്ഞത നശിച്ചിട്ട് പ്രകാശിക്കേണ്ടതാണ് അതിനുവേണ്ടി ധ്യാനിക്കാൻ ഉപാസിക്കാൻ വേണ്ടി പറഞ്ഞുകൊടുക്കുകയാണ് ഇവിടെ ഏതസ്യാത്മനഹ വൈശ്വാനരസ്യ ഈ വൈശ്വാനരനായിരിക്കുന്ന ഈ ആത്മാവ് പ്രപഞ്ചാത്മകനായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയും ആ ഈശ്വരന്റെ മൂർധായവ സുസേജ ആ അവന്റെ മൂർധാവാണ് ആ ഈശ്വരൻ ഒരു ശിരസ് എന്ന് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ കാരണം നമ്മുടെ നമുക്ക് ശിരസ് ഉണ്ടല്ലോ നമുക്ക് അവയവങ്ങളുണ്ടല്ലോ അപ്പോൾ ഈശ്വരനെക്കുറിച്ചും നമ്മുടെ അറിവനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ നമുക്കുള്ളതുപോലെ തന്നെ ഒരു ശിരസ് ഈശ്വരനുണ്ടെന്ന് സങ്കല്പിച്ചാൽ ആ ശിരസ് ഏതായിരിക്കും ഈ ലോകത്തിനെല്ലാം അപ്പുറം നിൽക്കുന്ന ഈ ലോകത്തിനെല്ലാം ആധാരമായിരിക്കുന്ന ഈ ലോകത്തെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദുലോകം അതായിരിക്കും ചക്ഷുർവിശ്വരൂപ അവശ്വാനനും ഒരു കണ്ണുണ്ട് എന്ന് കരുതിയാൽ ആ കണ്ണേതാണ് വിശ്വരൂപനായിരിക്കുന്ന ഈ ലോകത്തെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സപ്തവർണങ്ങളോടുകൂടിയിരിക്കുന്നു സൂര്യൻ ആ സൂര്യനായിരിക്കും ഈശ്വരൻ സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് സൂര്യൻ സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അങ്ങനെയുള്ള ആ സൂര്യനായിരിക്കും അവ വൈശ്വാന രണ്ട് കണ്ണ് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ പ്രാണനെപ്പോലെ സർവ ജീവജാലങ്ങൾക്കും പ്രാണന നൽകുന്ന വായു പൃഥത് പത്മ സർവത്ര നാനാവിധത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വായുവായി ആ വൈശ്വാനരന്റെ പ്രാണൻ സന്ദേഹവും ബഹുളോ ആകാശം ആയിരിക്കും ദേഹമധ്യം കാണുന്ന ആകാശം അത് ദേഹമധ്യം മാത്രമാണ് ആകാശം എത്രയോ വിപുലമാണ് അതിനും വിപുലമാണ് ആ വൈശ്വാൻ അതുകൊണ്ട് അവന്റെ ദേഹമധ്യമായിരിക്കുന്നു സന്ദേഹം ദേഹം ആകാശം ബസ്വരീ ജലം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ ജലം അവന്റെ ശരീരത്തിൽ ഇരിക്കുന്ന അല്പമായ ജലമാണ് അത്രേയുള്ളൂ അത് ശ്രുതി പറയുന്ന അവന്റെ മൂത്രത്തിന്റെ സ്ഥാനമേ അത്രയും തുച്ഛമാണ് എന്നാ പൃഥ്വിയേവ പാദവും അവന്റെ കാലിന്റെ സ്ഥാനമേ ഉള്ളൂ നമ്മളീ കാണുന്ന പൃഥ്വി എന്ന് പറയുമ്പോ തുടർന്നും പറയുന്നുണ്ട് വീണ്ടും ഇവിടെ ഇപ്പോ ആരെണ്ണത്തിനെ പറഞ്ഞ് ഇനി ഒന്നുകൂടി പറയും അഗ്നിഹോത്ര കൽപ്പനാശേഷത്വേന അവിടെ അഗ്നിഹോത്ര കൽപ്പനയെക്കുറിച്ച് പറയുന്നു അതിന്റെ ഭാഗമായിട്ട് ആവഹനിയോ അഗ്നിരഹസ്യമുഖം അവിടെ അഗ്നിഹോത്രമായിട്ട് ബന്ധപ്പെടുത്തിയ ഇത് പറയുന്നു അതുകൊണ്ട് അഗ്നിഹോത്രത്തിൽ ദക്ഷിണാഗ്നിയിൽ നിന്നും അവിടെ പ്രധാനമായും മൂന്ന് അഗ്നികളെ സ്ഥാപിക്കും അതിൽ ദക്ഷിണാഗ്നിയിൽ നിന്നും അഗ്നിയെടുത്ത് വേദിയിൽ സ്ഥാപിച്ച് അതിൽ ഹവിശനർപ്പിക്കുന്നു അഗ്നിയെ ആഹവനീയ അഗ്നി എന്ന് പറയും ഹവനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഗ്നി ആ അഗ്നിയാണ് അവന്റെ മുഖം എന്ന് പറയും അവിടെ പ്രാണാഗ്നിഹോത്രത്തെ കുറിച്ച് പറയുന്നു തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ അത് അവൻഷ വായിച്ചു നോക്കുക പ്രാണായ സ്വഹ എന്നു പറഞ്ഞ് ഹവിസനെ അഗ്നിയിൽ സമർപ്പിക്കുന്നതുപോലെ ആഹവനീ അഗ്നിയിൽ സമർപ്പിക്കുന്നതുപോലെ അന്നത്തെ ആദ്യം വരുന്ന അന്നത്തെ ഉപാസനം തന്റെ വായിലേക്ക് സമർപ്പിക്കുന്നു അഹം വൈശ്വാനരോ ഭൂത്ത്വാണെന്നെല്ലാം പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് മറ്റൊരു വിഷയമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ പറയുന്ന എന്താണ് ആ പ്രപഞ്ചാത്മകനായിരിക്കുന്ന വൈശ്വാനരൻ ആ വൈശ്വാനരൻ തന്നെയാണ് വിശ്വനായി അജ്ഞനായി ഈ ശരീരത്തിന്റെ ഉള്ളിനെ വിരിക്കുന്നത് ഇത് രണ്ടും ഒന്ന് എന്നറിയുന്നതാണ് ശരിയായ ഈശ്വരബോധം സ്ഥൂലമായി ഉണർന്നിരുന്നു ഈ പ്രപഞ്ചത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവനുണ്ടായിരിക്കേണ്ട ഈശ്വരബോധത്തിൽ പ്രഥമമായിരിക്കുന്ന ഇതാണ് എന്ന് പിന്നെ അടുത്ത ഭാഷകാരൻ തന്നെ പറയും ഇതിനെ അടുത്തതിൽ വിനയിപ്പിച്ച് അതിനെ അടുത്തതിൽ വിനയിപ്പിച്ച് ഈ ഭാവനകളൊന്നുമില്ലാത്ത സ്ഥിതനാകണം എന്ന് പറയും അതിന്റെ തുടക്കമായിട്ടാണെന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കമായിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് പ്രാജ്ഞനിൽ നിന്ന് ആരംഭിക്കുന്ന അത് പ്രാജ്ഞനാണ് പ്രാജ്ഞനൽ തുടങ്ങി തൈജസനിലേക്ക് വന്ന് അവിശ്വനായി തീരുകയാണ് കാരണം സൂക്ഷ്മം സ്ഥൂലം ഇങ്ങനെ വരികയാണ് മറിച്ചാണ് അതിന്റെ വിലയേന അതിന്റെ നിഷേധം തിരിച്ചാണ് ആദ്യം വ്യക്തമായും സ്പഷ്ടമായും ഇരിക്കുന്ന ഈ സ്ഥൂല അനുഭവത്തെ നിഷിധ അത് കഴിഞ്ഞ് സൂക്ഷ്മൽ കാരണത്തെ സ്ഥൂല സൂക്ഷ്മ കാരണരഹിതനായ തുര്യഭാവത്തിൽ സ്ത്രീ അതിനുവേണ്ടിയിട്ട് സൃഷ്ടിയുടെ വിപരീത ക്രമത്തിൽ ഇവിടെ വൈശ്വാനനെ വിശ്വനെ വിശദീകരിച്ചു കൊണ്ട് തുടങ്ങുകയാണ് അപ്പോ ആ വിശ്വന് ആ വിശ്വന്റെ അവയവങ്ങൾ നമുക്കറിയാം ഇവിടെ ഈ ശരീരത്തിന് മൂർധാവ് ശരീരമധ്യം പാദം പരിച്ഛിന്നമായ അവയവങ്ങളെ നമുക്കറിയാം ഇത് വിശ്വന്റെ ഭാഗങ്ങളായിരിക്കുന്ന എങ്ങനെയാണ് തുടർന്നു വരുന്ന ഭാഗത്ത് കരികളിൽ പറയും അവന്റെ തന്നെ മനഃസ്പന്ദനം കൊണ്ട് അവന്റെ തന്നെ ഭാഗങ്ങളായിരിക്കും ഇത് സമഷ്ടിയിൽ ഈശ്വരന്റെ തന്നെ ഭാഗങ്ങളായിരിക്കുന്നു എങ്ങനെ ഈശ്വരന്റെ തന്നെ സത്യസങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു രണ്ടിടത്തും ഏകമായ പ്രജ്ഞ അത് സ്ഥിതി പരമാർത്ഥം അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് തഥാ ഏകോനവിംശതിർ മുഖാനി അസിയ നിജീവൻ ഇവിടെ ഏക ഓനവിംശതി ഇരുപതിൽ ഒന്ന് കുറഞ്ഞു അതാണ് പത്തൊമ്പത് മുഖാനി അസ്യ മുഖങ്ങളുണ്ട് തിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഉപായങ്ങൾ അതിനാണ് മുഖങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണത് ബുദ്ധീന്ദ്രിയ കർമ്മീന്ദ്രിയ ദശ വായവശ പ്രാണാദേഹ പഞ്ച മന ബുദ്ധിർ അഹങ്കാര ചിത്തമിതി മുഖാൻ ഇവമുഖാൻ താൻ ഉപലബ്ധിദ്വാരണിത്യർത്ഥ ഈ പത്തൊമ്പത് മുഖങ്ങൾ എന്ന് പറയുന്നത് മുഖം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ മുഖം തന്നെ പക്ഷെ ഇവിടെ അർത്ഥം മാത്രമല്ല ഉപലബ്ധിക്കുള്ള ഉപായങ്ങൾ മാർഗങ്ങൾ ഉപലബ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അറിവും പ്രവൃത്തിയും അറിവും പ്രവൃത്തിയും നിറവേറ്റുന്നതിനുള്ള ഉപായങ്ങൾ ഉപകരണങ്ങൾ അതാണിത് ഏതൊക്കെ ബുദ്ധീന്ദ്രിയാണ് ജ്ഞാനേന്ദ്രിയഞ്ച് കർമ്മേന്ദ്രിയഞ്ച് പത്തായി പ്രാണാതി വായുക്കൾ അഞ്ച് പതിനഞ്ചായി മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം നാല് കുടുംബം പത്തൊമ്പത് ഇതിങ്ങനെ പറയുന്നതിന് ഇത് ജീവന് പരിചയമുള്ള കാര്യങ്ങളാണ് ജീവൻ സ്ഥിതി ചെയ്യുന്നവയാണ് അവന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഇത് ഇതെങ്ങനെയാണോ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ മറ്റൊരു ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു അനന്തശരീരങ്ങളിലും ഇത് സ്ഥിതി ചെയ്യുന്നു അനന്ത ജീവന്മാരിലും ഇത് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അനന്ത ജീവന്മാർ സ്ഥിതി ചെയ്യുന്ന ഈ ബുദ്ധിയെ അതിനെ നയിക്കുന്ന ഒരു വലിയ ഈ അഹങ്കാരത്തെ നയിക്കുന്ന വലിയൊരു അഹങ്കാരം ഈ ബുദ്ധീന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന വലിയൊരു ബുദ്ധിയേന്ദ്രിയും കർമ്മയേന്ദ്രിയും അങ്ങനെയാണ് വൈശ്വാനരന്റെ ഇതെന്ന് പറയുന്നത് ആ അങ്ങനെയൊന്നും സ്ഥിതി ചെയ്യുന്നു ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നൊരു വലുതാകുന്നതല്ല ഇവയെല്ലാം നിയന്ത്രിക്കുന്ന വലിയ ഒന്നുമില്ല കാരണം സ്ഥൂലമായി ഇത് കാണുന്നുണ്ടെങ്കിൽ സൂക്ഷ്മമായ സ്ഥൂലമായി ഈ ശരീരത്തിൽ തലയുണ്ട് കാലുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിനും സമഷ്ടിയിലും അതുപോലെ തലയും കാലമുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് ദിലോകമാണ് തല ഈ പ്രതി തന്നെയാണ് പാദം അല്ലാതെ നമ്മുടെ തലകളെല്ലാം കൂടിച്ചേർന്നൊരു വലിയ തലയാകുകയോ നമ്മുടെ കാലുകളെല്ലാം കൂടിച്ചേർന്നൊരു വലിയ കാലാവുകയോ അല്ല നൂറുമണ്ടന്മാർ കൂടിച്ചേർന്നാൽ ഒരു ബുദ്ധിമാനാകത്തില്ല അതല്ല ഗഷ്ടി സമഷ്ടി എന്ന് അപ്പോൾ ഈ വ്യഷ്ടിയിൽ എങ്ങനെയാണോ ഉള്ളത് ഇതുപോലെ സമഷ്ടിയിലുമുണ്ട് എന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി പറയുകയാണ് അവിടെ ആ ഭാഗങ്ങൾ സപ്ത അംഗങ്ങൾക്കോ ഏകോനവിംശതി മുഖങ്ങൾക്കോ അല്ല പ്രാധാന്യം അതിന്റെ ഉള്ളിലൊരു പ്രജ്ഞയാണ് ഈ ശരീരത്തിന്റെ ഉള്ളിലും ഉണ്ടൊരു പ്രജ്ഞ അതിൽ ഭേദമില്ല അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് സേവം വിശിഷ്ടോ വൈശ്വാനോ യഥോക്തേ ൻ സ്ഥൂലാൻ വിഷയാൻ ഭൂങ് സ്ഥൂലം ഇവിടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു ഈ വൈശ്വാനരനായി ഇവിടെയിരിക്കുന്നവൻ വിശ്വത് ഒരു ശരീരത്തിലിരിക്കുമ്പോൾ ജീവഭാവത്തിലിരിക്കുമ്പോൾ അവന് വിശ്വനം എന്ന് പറയും യഥോക്തേ ഹി ദ്വാരി ഈ പറയുന്ന ഉപായങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുന്നു അതിനെ ഗ്രഹിക്കുന്നത് തന്നെ അതിന്റെ അനുഭവം എന്ന് പറയുന്നു ശബ്ദസ്പർശരൂപരസന്ധങ്ങളെ അവനറിയുന്നത് തന്നെ അതിന്റെ അനുഭവം അതിനെ തുടർന്ന് മറ്റ് പല അനുഭവങ്ങളും അവന്റെ സങ്കല്പം കൊണ്ട് നടക്കും ഷാ എന്താണ് ചെയ്യുന്നത് ആ വിശുവിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന മനസ്സ്പന്ദനം നാനാപ്രപഞ്ചരൂപത്തിൽ ഭാസിക്കുമ്പോൾ അതേ മനസ്സിനെ സ്പന്ദിച്ച് ആ വിഷയത്തിനെ ഗ്രഹിക്കുന്നവനായി നിന്നുകൊണ്ട് ആ വിഷയങ്ങളെ ഒരേ മനസ്സ് തന്നെ രണ്ടു തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സെന്നോ അന്ധകരണമെന്നോ എന്തു വേണമെന്നും പറയാം അത് തന്നെ ഇതെല്ലാമായി നിൽക്കുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ സങ്കല്പത്തിൽ വളരെ ലോലവും വളരെ തരളവും വളരെ മൃദുവുമായിരിക്കുന്ന ഈ അന്ധകരണം അതാണ് ഈ ബാഹ്യമായി സ്ഥൂലമായി കഠിനമായി പദാർത്ഥങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കും അതിന് പറയുന്ന എന്താണ് ഈ സ്ഥൂലവും കാഠിന്യവും എല്ലാം മനസിന്റെ സ്പന്ദരൂപത്തിലുള്ള സങ്കല്പത്തിൽ നിന്ന് വേറിട്ടൊന്നും മനസ് തന്നെയാണ് സൂക്ഷ്മതയെ തരളതയെ എല്ലാത്തിനും കൽപ്പിച്ചിരിക്കുന്നത് അത് അതേ മനസ്സിന് തന്നെ മറിച്ചു കൽപ്പിക്കുമ്പോൾ അത് സ്ഥൂലമായ ബാഹ്യവസ്തുവായി മാറി ഉള്ളും പുറവും പോലും ആ സ്കന്ദത്തിന്റെ വ്യത്യാസമാണെങ്കിൽ സ്പന്ദവ്യത്യാസം എന്ന് പറയാം സങ്കല്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വീണ്ടും തെറ്റിദ്ധാരണ വരും പക്ഷെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന വാക്കും സ്ഥന്ധ വ്യത്യാസം കൊണ്ട് ഈ പരിമാണ ഭേദങ്ങളെല്ലാം പ്രകടമാകുന്നതാണ് ആർക്ക് ആ ഉണർന്നിരിക്കുന്ന വിഷം അതിൽ കവിഞ്ഞ് അതിൽ വസ്തുസ്ഥിതിയില്ല അതാണ് ഇവിടെ സ്ഥൂലഭുക്തെന്ന് പറയുന്നത് സ്ഥൂലമായിരിക്കുന്നതിന് ഇതിന് സ്ഥൂലമെന്ന് കരുതി സ്ഥൂലദേവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സ്വപ്നത്തിൽ സൂക്ഷ്മത്തെ അതുകൊണ്ടാണ് ഇവിടെ വേർതിരിച്ച സ്ഥൂലബുക്കെന്ന് പറയുന്നു അനേകഥ നയനാ വൈശ്മാന അവന്റെ ആ സമൃഷ്ടിഭാവത്തെക്കുറിച്ച് പറയുന്നു ഈ സർവനരന്മാരെയും വിശു എന്നു പറഞ്ഞാൽ സർവമെന്നർക്കം വിശേഷാം നരാണ നരൻ എന്ന് പറഞ്ഞാൽ ജീവൻ സർവജീവന്മാരെയും അനേകഥാ നയനാം പലതരത്തിൽ അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നു ഭ്രാമയൻ സർവഭൂതാനിൻപ് മനസ്സിലാക്കുക അതോടെ പറയുന്നത് അനേകഥാ നയനാം അത് വൈശ്വാനരനെ കഴിയൂ വിശ്വന് കഴിയത്തില്ല വിശ്വന് സ്വയം തന്നെ തന്നെ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നയിക്കാൻ കഴിയും തന്റെ അജ്ഞത കൊണ്ട് തന്റെ അസ്വാതന്ത്ര്യമുണ്ട് തന്റെ ബലഹീനത കൊണ്ട് പക്ഷേ സർവജ്ഞനും സർവ്വശക്തനുമായിരിക്കുന്ന വൈശ്വാനരൻ അതിനകത്ത് കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ഈ വിശ്വന്മാരെല്ലാം കൂടിച്ചേർന്ന് നല്ല വൈശ്വാനരൻ ഉണ്ടാകും വൈശ്വാനരൻ സ്വതന്ത്രനാണ് അതുകൊണ്ടന്നെ ഇന്നു ഈ ജീവന്മാരെ പല വഴിക്ക് നയി വിശ്വഭാവത്തിലിരിക്കുന്ന അതുകൊണ്ടാണ് അവൻ വൈശ്വാനൻ എന്ന് പേര് എത്തിയത് നയനാത് നരഹ അങ്ങനെ നയിക്കുന്നതുകൊണ്ട് നരനായി നരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുണ്ട് വേറെ തരത്തിൽ പറയുന്നു വിശ്വസ്വാസവും വിശ്വഭാവത്തിൽ സർവമായിരിക്കുന്ന ഈ ജീവൻ അങ്ങനെയും പറയാമല്ല സർവവുമായിരിക്കുന്ന ജീവൻ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ജീവൻ ഈ ശരീരമായി തന്നെ അവൻ സർവമാവാൻ പറ്റുന്നുണ്ട് ശരീരം വിട്ട് മറ്റൊന്നുകൂടി ആകാൻ പറ്റുന്നു ഒരു ശരീരം കൂടി ആകാൻ കൂടി പറ്റുന്നുണ്ട് അവന്റെ എല്ലാം ഈ ശരീരത്തിൽ തുടങ്ങുന്നു ഇതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു ഈ ശരീരത്തിൽ തന്നെ ഒടുങ്ങുന്നു അത് ജീവന്റെ പരിമിതിയാണ് അതാ ഈ ഒരു ശരീരത്തിലുള്ള ഈ ബോധസ്ഫുരണം ഒരാൾക്ക് മറ്റൊരു ശരീരത്തിൽ വെക്കാൻ കഴിഞ്ഞു അതുപോലെ അവൻ പ്രാർത്ഥന അപ്പൊ പിന്നെ അവനെങ്ങനെ സർവാത്മഭാവം വരും പക്ഷേ വൈശ്വാനൻ അങ്ങനെയല്ല അവൻ വിശ്വനായി സർവവുമായിരിക്കുന്നു വൈശ്വാന അതുകൊണ്ട് തന്നെ അവന് വൈശാനരൻ എന്ന് പറയുന്നു അവിടെ ചില വ്യാകരണ കാര്യങ്ങളുണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല സർവ മാ അനന്യത്വാർ സാധന വൈശ്വാനൻ എന്തു പറഞ്ഞു സർവ്വ പിണ്ഡങ്ങളോടും അവൻ അനന്യനായിരിക്കുന്നു അതാണ് പറഞ്ഞത് വിശ്വൻ ജീവൻ ഒരു പിഡം എന്ന് ശരി ആ ഒരു പിണ്ടത്തോട് അവൻ താതാത്മ്യത്തിലിരിക്കുന്നു അതിലവൻ അഭിമാനിച്ചിരിക്കുന്നു അതിൽ ദൃഢമായ അഭിമാനം കൊണ്ട് അവൻ അഭിമാനത്തെ ആ ശരീരത്തിൽ നിന്ന് ഇളക്കി മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നു ഞാനിതാണ് എന്റേതാണിത് ഇതിന്റെ സുഖദുഃഖങ്ങളല്ല എന്റെ സുഖദുഃഖങ്ങളാണ് ഇതിന്റെ ജനനവും വളർച്ചയും മരണവുമല്ല എന്റേതാണ് ഇങ്ങനെ കേവലം ഒരു പിണ്ഡത്തിൽ മാത്രം അവൻ ദൃഢമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ നമ്മൾ ആദ്യം തുടക്കത്തിൽ പഠിച്ചു അധ്യാസം അത് ഇവിടെ പറയുന്നു അത്ര ഒരു താതാന്യം അധ്യാസമില്ലാത്തവനാണ് വൈശ്വാനർ അവൻ ഇതിനെല്ലാം അധീശനായിരിക്കും രണ്ടും വ്യത്യാസത്തെ പറയും അതതിന്റെ ശുദ്ധമായ ഭാവമാണ് പ്രജ്ഞയുടെ ഏകതയാണ് അതാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇവന്റെ പരമാർത്ഥസ്ഥിതി എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രീതി പറയുകയാണ് ഏതത്പൂർവകത്വ ഉത്തരപാദ അധികമ ഇത് പ്രഥമപാദത്തെ ഇവിടെ പറഞ്ഞു ഈ പ്രഥമപാദം എന്ന് പറയുമ്പോ ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നതെന്ന് പറയുന്നത് ഈ പ്രപഞ്ച ഭാരം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലയാണ് തുടങ്ങുന്നത് എവിടെ നിന്നാണ് അത് പ്രാജ്ഞനിൽ നിന്നാണ് സുപ്തനിൽ നിന്നാണ് അത് തുടങ്ങുന്നത് അല്ലെ നമ്മുടെ തുടക്കവും ഉറക്കത്തിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ ജ്ഞാനങ്ങളുടെയും ആരംഭം ഇവിടെ നിന്നാണ് നമ്മൾ ധരിക്കുന്ന എന്താണ് ഇന്ന കാര്യം ഞാൻ ഇന്ന കാലത്ത് ഇന്നദേശത്ത് തുടങ്ങി ആരംഭിച്ചതാണ് അതൊരബദ്ധമാണ് എന്തുകൊണ്ട് ഒരു കാലത്തിനും ഒരു ദേശത്തിനുമല്ല നമ്മളൊന്നും തുടങ്ങുന്നത് നമ്മൾ തുടങ്ങുന്നതിൻ്റെ ആ സുപ്ത പുരുഷനിൽ പ്രാജ്ഞനിൽ നിന്നാണ് തുടങ്ങുന്നത് ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞല്ലോ അവനിൽ തന്നെ ഇരിക്കുന്ന ആ മനഃസ്പന്ദങ്ങൾ കാലദേശങ്ങളെ സൃഷ്ടിക്കും പകലിനെ സൃഷ്ടിക്കും രാത്രിയെ സൃഷ്ടിക്കും എന്നിട്ട് പറയും എന്താണോ ഇതാ ഇപ്പോൾ ഈ സമയത്ത് ഇതാ ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്നതാരംഭിച്ചിരിക്കുന്നു ഇതെല്ലാം ആരംഭിച്ചത് ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ് പ്രാജ്ഞനിൽ നിന്നാണ് അവിടെ നിന്നാണ് തുടങ്ങി ഉണർവിൽ നിന്നാണ് എന്റെ തുടക്കം അവിടെ നിന്ന് പിന്നെ പലതും പ്രപഞ്ചത്തെ മുഴുവൻ അവൻ സൃഷ്ടിക്കുന്നു അവന്റേതായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അത് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള തുടക്കം സംഹാരം തുടങ്ങുന്നതോ അതവിടെ സൃഷ്ടിയിൽ നിന്നും അവൻ ഉണർവിലേക്ക് വന്നു വന്നു ഇതിന് ഇനി സംഹരിക്കുന്നെങ്കിൽ ഈ ബോധത്തിൽ നിന്ന് സംഹരിക്കുന്നു അബോധത്തിൽ സംഹാരം നടക്കുന്നുണ്ട് സദാ ദിനം പ്രതി അല്ലെങ്കിൽ നിമിഷം പ്രതി അബോധത്തിൽ സംഹാരം നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ജീവന് സ്വാതന്ത്ര്യമില്ല ഉറങ്ങുന്നതിന് നമുക്ക് സ്വാതന്ത്ര്യമില്ല ഉണരുന്നതിന് സ്വാതന്ത്ര്യമില്ല ആഗ്രഹിക്കാതെയും ഉറങ്ങിക്കുന്നു ആഗ്രഹിച്ചാലും ഉറങ്ങത്തില്ല കാരണം കാലബോധം മറ്റുപോകുന്നിടത്താണ് ഉറക്കം കാലബോധം നിന്നാ പിന്നെ ഉറക്കമില്ല എവിടെയാണോ കാലബോധം നശിക്കുന്നത് അവിടെ സുഷുയിലേക്ക് പോകും അപ്പൊ കാലബോധവും നശിക്കുന്നിടത്ത് എന്തിനെ ആശ്രയിച്ച് എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് ഒന്നിന് സ്വാതന്ത്ര്യം അത് സഹജമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതെന്തുകൊണ്ട് കൂടെ ഭാഷകാരൻ പറയും ആ വിദ്യാ കാമ കർമ്മങ്ങളെ കൊണ്ടന്നുക അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കൊണ്ട് നമുക്ക് വിശേഷ പ്രയോജനമൊന്നുമില്ല ആ സംഹാരം പ്രതിദിനം സംഭവിച്ചുകൊണ്ടിരുന്നാലും തനിക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നില്ല ബന്ധം മോചനം സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇതെവിടെ സംഭവിക്കണം ജാഗ്രത സംഭവിക്കണം ജാഗ്രതത്തിൽ ഇതിന്റെ സംഹാരം സംഭവിക്കും ജാഗ്രതത്തിൽ ബോധമുണ്ടാകും സ്വപ്നത്തിനും സുഷ്ടത്തിനും വന്നിട്ട് കാര്യങ്ങൾ കാരണം അന്വേഷിക്കുന്നവരുടെ ജാഗ്രത കണ്ടെത്തേണ്ടതും ജാഗ്രത അതുകൊണ്ട് സംഹാരത്തിൽ പ്രാധാന്യം ജാഗ്രത അതുകൊണ്ടുവിടെ ഭാഷകാരം പറയുന്നു ഏതത് പൂർവകത്വ ഉത്തരപദിക പ്രാധാന്യം അസ്യം അതുകൊണ്ട് ഇതിനാണിവിടെ പ്രാധാന്യം ജാഗ്രതാണ് പ്രാധാന്യം ആധ്യാത്മിക ചിന്തയിൽ ജാഗ്രതത്തിനാണ് പ്രാധാന്യം അച്ഛനെ അപേക്ഷിച്ചത് ജാഗ്രതയിലിരുന്നാണ് നമ്മളിത് നേടുന്നത് വിശ്വനെ അടുത്തു പറയും തൈജസ്സനൻ വിനയിപ്പിക്കുക തൈജസ്സനെ പ്രാജ്ഞനൻ വിനയിപ്പിക്കുക മൂന്നിനെയും സുര്യനൽ വിനയിപ്പിക്കുക എന്ന് പറയും അപ്പൊ ഇതെന്നെ എവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ജാഗ്രതയിലിരുന്നേ പറ്റൂ അതുകൊണ്ടിതിന് വിശ്വനാണ് ഇവിടെ പ്രാധാന്യം ഏതത് പൂർവകത്വാത് ഉത്തരപദ അധികമാസിയ വിശ്വനാണ് തൈജസ്സനെയും പ്രാജീനയും എല്ലാം മനസ്സിലാക്കുന്നു പ്രാഥമ്യം അസ്തി അതുകൊണ്ടിതിന് പ്രാധാന്യം വന്നു സംസാരത്തിന്റെ തുടക്കത്തിന് പ്രാധാന്യം പ്രാജനം സംസാരത്തിന്റെ ഒടുക്കത്തിന് പ്രാധാന്യം വിശ്വനുമാണ് എന്നിട്ടിവിടെ മുമ്പ് പറഞ്ഞു അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞു വിശുവിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു ഇവിടെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു അത് വൈശ്വാനിൽ പോയി രണ്ട് മുമ്പിൽ എന്താ ബന്ധം അതാണ് അടുത്തത് ഭാഷകാരൻ പറയുന്നത് കഥമായത്മാ ബ്രഹ്മേരി പ്രത്യേകാത്മനുവാസി ചതുഷ്പാപ്തി പ്രകൃതി ദിലോകാധീന മൂർദാദ്യംഗത്വമില്ല ഇവിടെ തുടങ്ങിയതായ ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞ് ഈ ശരീരത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞു പക്ഷികാലം പറഞ്ഞു അഭിനയേന നിർദ്ദേശം ഇന്നുമ്പ് കൈചൂണ്ടിപ്പറയുകയാണ് ശരി നിന്റെ ഉള്ളിൽ നിന്നിൽ പ്രത്യേകമായി ആന്തരികമായിരിക്കുന്ന നിന്റെ സ്വരൂപമാണ് ഈ പറയുന്ന പരമാത്മാവെന്ന് പറഞ്ഞു അപ്പൊ തന്നിൽ ഈ പരമാത്മാവിനെ ബോധിപ്പിച്ചിട്ട് പ്രത്യേകാത്മനുവാസി ചതുഷ്പാപ്തി അതിന് നാല് പാദങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രകൃതിയെ ദുലോകാധീനം മൂർധാന്ദ്യ അംഗത്വം അത് കഴിഞ്ഞ് ഈ ശരീരത്തെ വിട്ടിട്ട് ദുലോകത്തിലേക്കും പൃഥ്വിയിലേക്കും എല്ലാം പോയി ഒരു വിരാട് രൂപത്തെ കുറിച്ച് കൂടെ എന്തിനു പറയുന്നു നൈഷദോഷ ദൈവിക അനേനാത്മന ചതുഷ്പാത്വസൂതത്വ സമ്പൂർണ്ണ പ്രപഞ്ചവും ആ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും ഈ ചൈതന്യത്തിന്റെ ഒരു ഭാവമുണ്ട് എങ്ങനെയാണോ ഈ ശരീരത്തിനും ചൈതന്യത്തിന്റെ സാന്നിധ്യമുള്ളത് ഇതേപോലെ ഒരു സാന്നിധ്യം ആ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനു കൊണ്ട് അതിനെ അതിദൈവം എന്ന് വിളിക്കുന്നു ഈ ശരീരത്തിലിരിക്കുന്ന ആ ഭാവത്തെ അധ്യാത്മം എന്ന് വിളിക്കുന്നു അതിദൈവത്തെയും ുർലോകം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ലോകമാണ് നമുക്ക് പരിചയമുള്ളത് ഈ കാണുന്ന ഭൂർ ഭൂർലോകമെന്ന് നമുക്ക് പരിചയം ഉള്ളു ശാസ്ത്രത്തിൽ തരുന്ന ഭൂർ ഭുവ ഇങ്ങനെ പറഞ്ഞ് ഒരു ദൃർലോകത്തെ കുറിച്ച് പറയും ശാസ്ത്രപ്രസിദ്ധമായ ലോകം എന്നേ പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഭൂർലോകത്തെ പരിചയം സ്വ മഹ തപ എന്നെല്ലാം പറയുന്ന ലോകങ്ങൾ നമുക്കറിയത്തില്ല ആ ലോകത്തിൽ ജീവന്മാരുണ്ടെന്നും മറ്റും പറയുന്നുണ്ട് വിരാട് നമ്മുടെ ശരീരം നമുക്ക് പരിചയമുണ്ട് നമുക്കൊരു തലയുണ്ട് നമുക്കൊരു നെഞ്ചുണ്ട് നമുക്കൊരു കാലുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം നമ്മളീ കാണുന്ന ഈ ആകാശം ആണ് ആ വൈശ്വാനിന്റെ മധ്യഭാഗം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത് ഇതിനപ്പുറം ഒരു തലയുണ്ട് വൈശ്വാന ആ തലയെന്ന് പറയുന്നപ്പോൾ എവിടെ ആയിരിക്കും അത് ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും കാരണം ഈ ആകാശം മൊത്തം ചേർന്നിട്ട് ആ വൈശ്വാനന്റെ മധ്യഭാഗം മാത്രമേ ഉള്ളൂ ഈ ആകാശം മൊത്തം തന്നെ നമുക്കറിയത്തില്ല ആകാശത്തിന്റെ ഒരു ചെറിയ ഭാഗമേ നമുക്കറിയാവൂ അപ്പോൾ ഈ ദ്ലോകം എവിടെ ഏത് ഈ ആകാശത്തിനു മേളിലുള്ളതാണ് ആകാശത്തിനും അപ്പുറമുള്ളതാണ് ശാസ്ത്രപ്രസിദ്ധമെന്ന് പറയും പല കാര്യങ്ങളും അങ്ങനെയാണ് അങ്ങനെ പറയുന്നു നമുക്കറിയത്തില്ല എല്ലാം അറിഞ്ഞാൽ ഈശ്വരനായി പോകും നമ്മൾ അല്പജ്ഞന്മാരാണ് അതുകൊണ്ട് നമുക്കെല്ലാം അറിയാൻ പറ്റുന്നില്ല ൂഹിച്ചാൽ മതി ഈ ആകാശം തന്നെ വൈശാനന്റെ മധ്യഭാഗമായിരിക്കുകയാണെങ്കിൽ അതിനപ്പുറമുള്ള ദ്ലോകമാണ് ആ വൈശ്വാനിന്റെ തല സങ്കല്പത്തിലൂടെ അറിയും സർവസ്യപ്രപഞ്ചസ്യ അതിനൂടെ സർവപ്രപഞ്ചമെന്ന് പറയുന്നു അല്ലാതെ നമ്മൾ കാണുകയും ചെയ്യുന്ന ഈ ചന്ദ്ര താരകാദികളടങ്ങിയ ഈ ലോകമല്ല പ്രപഞ്ചമെന്ന് പറയുന്നത് നമുക്കറിയാൻ വയ്യാത്ത ഏതോ കൂടെയൊക്കെ ചേർന്നാണ് ഈ പ്രപഞ്ചം അതിൽ ഉള്ള ആ പ്രജ്ഞഭാവം അതിനുള്ള അതിദൈവം എന്ന് പറയുന്നു അതിലാണ് വൈശ്വാനം അത് നമ്മുടെ സങ്കല്പം കൊണ്ട് എത്തിപ്പിടിക്കാവുന്ന കാര്യങ്ങളല്ല അനേനാത്മന അതിന് ഇതായി ശരീരത്തിന് ഉള്ളിലിരിക്കുന്ന ഈ പ്രജ്ഞാഭാവത്തിലേക്ക് വിശ്വഭാവത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു അതിനൊണ്ട് ചതുഷ്പാ ആ സമഷ്ടിനുകൊണ്ട് നാല് പാദങ്ങൾ വൃഷ്ടിയിനുകൊണ്ട് നാല് പാദങ്ങൾ ആ സമഷ്ടിയിനുകൊണ്ട് നിരുപാധികമായ ഒരു ഭാവം വൈശാനുടെ ഭാവവും അത് കഴിഞ്ഞ് ഹിരണ്ഗർഭാവം ധാരണത്തിൽ അവ്യാകൃതഭാവം അങ്ങനെ മൂന്നായി പറയുന്നു സമഷ്ടി സ്ഥൂലമായി കാണുന്ന വൈശാനുടെ ഭാവം സൂക്ഷ്മത്തിൽ കാണുന്ന ഹിരണ്ണികർഭാവം അതിനപ്പുറം കാരണത്തിൽ വരുന്ന അഭ്യാകൃത ഭാവം അത് നമ്മുടെ ബുദ്ധിയൊണ്ട് ഒതുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ സമൃഷ്ടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല നമ്മുടെ സങ്കല്പത്തിൽ കുറെയൊക്കെ ഉൾക്കൊള്ളും അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു ഈ ശരീരത്തിന്റെ ഉടൻ വിശ്വഭാവം പൈസഭാവം പ്രാജ്ഞഭാവം അപ്പം ഈ രണ്ടിലുണ്ട് ഈ നാല് പാദങ്ങൾ ഇതിനുപരി നിരുപാധികമായ നാലാം പാദം അത് മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി ഇവിടെ പറയുകയാണ് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ച് അത് കേവലം ആ ജീവന്റെ ശരീരചിന്തയിൽ മാത്രം ഒതുങ്ങി അപ്പോൾ ഈ ശരീരചിന്തയിൽ അത് ഒതുങ്ങാൻ പാടില്ല ശരീരചിന്ത വന്നാൽ തന്നെ അത് സമഷ്ടിയിലേക്ക് പോകണം സർവപ്രപഞ്ചമാകുന്ന ശരീരത്തിന്റെ എത്തണം അതിനുവേണ്ടിട്ട് ഇവിടെ അയമാത്മാ എന്ന് പറഞ്ഞ് ഈ ശരീര അന്തസ്ഥിതനായിരിക്കുന്ന ആ വിശ്വനെ ചൂണ്ടിക്കാണിച്ചിട്ട് നേരെ സർവപ്രപഞ്ചത്തിലേക്ക് പോയി അതിനെ വിശദീകരിക്കുന്ന രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തെ എന്തുപറയും പ്രജ്ഞാബന്ധമെന്ന് പറയും ഒരേ പ്രജ്ഞ തന്നെ രണ്ട് സ്ഥലത്തും പഞ്ചവശമേ അദ്വൈത ഈ സർവാത്മഭാവത്തെ കൂടി ഗ്രഹിച്ച് വിശ്വവൈശ്വാനരന്മാരെ തൈജസ ഹിരണ്യഗന്മാരിൽ വിരയിപ്പിച്ചു അതിന് വ്യാകൃതന്മാരിൽ വിലയിപ്പിച്ച് നിരവേ നിരവശേഷമായി തുരിയലിലെത്തുമ്പം സർവപ്രപഞ്ചോപശമം സംഭവിക്കുന്നു അങ്ങനെ അദ്വൈതം ശ്രദ്ധിക്കുന്നു ആ അദ്വൈതം ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു വഴിയെ കുറിച്ചാണ് ഇത് പറയുന്നത് അതായവഴിക്ക് അതിൽ കവിഞ്ഞ പ്രാധാന്യം ലക്ഷ്യത്തിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും നിഗമനങ്ങൾക്കും യാതൊരു പ്രാധാന്യമില്ല ആധ്യാത്മിക ശാസ്ത്രവും ഭൌതികശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകും മുഖ്യമായ വ്യത്യാസം ഭൗതികശാസ്ത്രത്തിൽ അന്വേഷണം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നിരീക്ഷണങ്ങൾ നിഗമനങ്ങളാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതില്ല അതിന്റെ അവിടെ എന്താ ഇവിടെ എന്താണ് ആത്മനിഷ്ഠമായ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും നിഗമനങ്ങളുമാണ് അത് ഇവിടെ ആവശ്യമുള്ളൂ ഫലപ്രദമായിട്ടുള്ളൂ ഇവിടെ പറയുന്നുണ്ടേ ഈ ഭൂമിയാണ് അതിന്റെ പാദം ആകാശമാണ് അതിന്റെ നെഞ്ച് ദുലോകമാണ് അതിന്റെ ശിരസ് എന്ന് പറയുമ്പോൾ ഒരു ഭൌതികമായ അന്വേഷണത്തിനാണെങ്കിൽ നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടി ആകാശത്തിന്റെ നീളവും വീതിയും ഭൂമിയുടെ ആഴവും പരപ്പും ആ ദുലോകം അതിന്റെ വിസ്തൃതിയൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടി വരും അങ്ങനെ അന്വേഷിച്ചു പോകുന്നതിനാണ് ഭൌതികമായ അന്വേഷണമെന്ന് പറയുന്നത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആ തരത്തിൽ അന്വേഷണം പോകുന്നില്ല ശ്രുതി അതല്ല ഉദ്ദേശിക്കുന്നു ശ്രുതി എന്താണ് ഉദ്ദേശിക്കുന്നത് ആത്മനിഷ്ഠമായി ഇതിനെങ്ങനെ ഗ്രഹിക്കും ആത്മബോധത്തെ പൂർണമാക്കുന്നതിന് ഈ വിവരണം എങ്ങനെ സഹായിക്കുന്ന അത്ര മാത്രമേ പിന്നെ അവിടെ വസ്തുനിഷ്ഠമായ പഠനത്തിനൊരു പ്രസക്തിയില്ല നിങ്ങൾ ഈ ലോകങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചു വന്നിരിക്കട്ടെ ഈ ലോകങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വന്നിരിക്കട്ടെ അതൊന്നും ആത്മബോധത്തിന് ഉപകരിക്കുന്നു ഇവിടെ എന്താണ് പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെങ്കിലും ഗ്രഹിച്ചിട്ടല്ല ആത്മബോധം ഉണ്ടാകുന്നു മറിച്ച് പ്രപഞ്ചത്തിന്റെ ഉപശമത്തിലാണ് പ്രപഞ്ചത്തെ വർണ്ണിക്കുന്നത് പ്രപഞ്ച ഉപശമത്തിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചബോധത്തിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് തലതിരിഞ്ഞുള്ള പോക്കാവും ഭൌതിക അന്വേഷണമാവും പ്രപഞ്ചം ഉപശമിക്കുകയാണെങ്കിൽ അത് ആത്മാവിനെത്തിച്ചേരും അതുകൊണ്ടൊരിക്കലും അന്വേഷണം തിരിഞ്ഞു പോകരുത് പ്രാപഞ്ചികമായ വിശനങ്ങൾക്കും പഠനങ്ങൾക്കും ശ്രുതിയിൽ യാതൊരു വേദത്തെ വച്ചിട്ട് ചിലർ ശാസ്ത്രം പഠിക്കുന്നുണ്ട് സയൻസിലെന്തെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉടമ്പറിയാൻ അത് വേദത്തിൽ പറഞ്ഞാണ് എന്ന് പറഞ്ഞ് വേദത്തിലൂടെ അതിനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് അത് ഭൗതികമായ പഠനങ്ങളും അന്വേഷണങ്ങളുമാണ് അതിന് വേദം കൂടിയ തീരുവെന്നില്ല ഇല്ലെങ്കിലും അതൊക്കെ നടന്നുവരും അങ്ങനെയാണ് നടക്കുന്നത് അവസാനം അതൊക്കെ വേദത്തിൽ ഉണ്ടാണെന്ന് പറഞ്ഞ് നമ്മള് കൃതാർത്ഥരാകുകയാണ് ശ്രുതി അതല്ല ശ്രുതിയുടെ താല്പര്യം ശ്രുതിയുടെ താത്പര്യം ശ്രുതി പ്രപഞ്ചത്തെ വർണ്ണിക്കുന്നത് പ്രപഞ്ചത്തെ പഠിക്കാനല്ല പ്രപഞ്ച ഉപശമത്തിന് വേണ്ടിയിട്ടാണ് എന്തിനുവേണ്ടി അദ്വൈത സിദ്ധിക്ക് വേണ്ടി അദ്വൈതസിദ്ധി എന്ന് പറയുമ്പോൾ പരമാർത്ഥസിദ്ധി പരമാർത്ഥസിദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ പറയും പരമാർത്ഥസ്വാതന്ത്ര്യം മുക്തിയുടെ സ്വാതന്ത്ര്യം പ്രപഞ്ചത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് അവന്റെ പ്രജ്ഞക്ക് ലഭിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് മറ്റുതരത്തിലുള്ള പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒന്നും ഒരു പ്രസക്തിയല്ല അതുകൊണ്ട് ബുദ്ധി തിരിഞ്ഞു പോകരുത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അത് ആത്മാവിനുറച്ചു തന്നെ പോകണം പ്രപഞ്ചത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഉറയ്ക്കരുത് അന്വേഷണം പ്രപഞ്ചത്തിലേക്ക് പോകരുത് പ്രപഞ്ചത്തിന്റെ നാനാത്വം അന്വേഷിച്ച് കണ്ടെത്താൻ ജീവൻ ഒരിക്കലും സാധ്യമല്ല അവൻ അല്പജനാണ് അത് ഈശ്വരന്റെ സത്യസങ്കല്പമാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ആത്മജ്ഞനായ ജീവന്റെ സങ്കല്പങ്ങൾക്ക് അവനൊരുപാട് പരിമിതികളുണ്ട് അതിന്റെ രഹസ്യം അവനൊരിക്കലും വെളിപ്പെടുത്തില്ല അതുകൊണ്ട് ചിന്ത വഴിതിരിയരുത് അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത് സർവപ്രപഞ്ചവശമേ അദ്വൈത സിദ്ധി സർവഭൂതോ ദുഷ്ട സർവഭൂതസ്ഥനായിരിക്കുന്ന ഏകനായിരിക്കുന്ന ആത്മാവിനെ അവന് സാക്ഷാത്കരിക്കാൻ കഴിയും സർവഭൂതങ്ങളെയും സാക്ഷാത്കരിക്കാനുള്ള അവന്റെ ഉദ്ദേശം മറിച്ച് സർവഭൂതസ്ഥനായിരിക്കുന്ന സർവശരീരസ്ഥനായിരിക്കുന്ന ഏകനായിരിക്കുന്ന ആത്മാവിന്റെ സാക്ഷാത്കാരം അതാണ് ഇതിന്റെ പ്രയോജനം അല്ലാതെ നാനാത്ത ബോധമല്ല അതിനുവേണ്ടി ശ്രമിക്കേണ്ട അതിപ്പോൾ തന്നെ ഉണ്ട് അതാണ് ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ജാഗ്രതസ്ഥാനോ ബഹിഷ്രോനവിശതി മുഖു വൈസ്വാനര പ്രഥമ പദ